കൃഷ്ണ പ്രത്യഭേദസ് പ്രത്യേകാത്മനോ പറയുന്നു കഴിയാത്തതാണ് ഇതൊന്നു പരാമർശിക്കാൻ കഴിയാത്തതാണ് പ്രത്യേകാത്മാവ് അതുകൊണ്ട് പ്രത്യേകാത്മാവ് അവിഷയമാണെന്നാണ് നിങ്ങളുടെ സിദ്ധാന്തം അദ്വൈതയുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രത്യേകാത്മാവ് വിഷയമായത് എന്താ പ്രശ്നം വിഷയത്വ ചിതാന്തന അഞ്ഞു വിഷയി ഭവ് പറയുന്നു ചിതാത്മാവ് വിഷയമായ എന്താ പ്രശ്നം വിഷയം ആകാന്ന് പറഞ്ഞാൽ അത് അറിവിന് വിഷയമാകും അപ്പോൾ അതിനെ അറിയാൻ വേണ്ടി വേറൊരറിവ് വേണ്ടിവരും അതാവും വിഷയി അതറിയുന്നവനാകും വിഷയമാവും അനവസ്ഥാ ദോഷങ്ങൾ പിന്നെ അതിന് അത് സ്വയം പ്രകാശമാണോ അല്ല അതിനെ മറ്റൊന്നറിയുന്നുണ്ടെങ്കിൽ മൂന്നാമതൊരറിവ് വേണം അതിന്റെ വിഷയമാവും രണ്ടാമത്തേ ആവും മൂന്നാമത്തേന് ആത്മാവെന്ന് വിളിക്കുക അത് സ്വയം പ്രകാശമാണ് അല്ലെങ്കിൽ അതിനറിയുന്ന വേറെ അറിവിനെ സ്വീകരിക്കും അല്ലാതെ സ്വയംപ്രകാശം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒന്നാമത്തേന് സ്വയംപ്രകാശമായി സ്വീകരിച്ചാണ് എന്തിനു പറയു പോകും വിഷയത്തേ ഈ ചിതാംബര വിഷയത്തെയും ചിതാത്മാവിനെ വിഷയമായി ചോദിച്ചാൽ അന്യോ വിഷയി ഭവു ആ ചിതാത്മാവിൽ നിന്നും അന്യമായി രണ്ടാമതൊരു ചിതാത്മാവിനെ സ്വീകരിക്കേണ്ടി ഒരു വിഷയിട്ട് തഥാക യോ വിഷയി രണ്ടാമത്തെ വിഷയിയായ ആത്മാവ് സൈവ ചിതാത്മാഅ ചിതാത്മാവെന്ന് പറയുന്നത് വിഷയസ് പറയും അപ്പോ വിഷയസ്തു തതോന്യോ വിഷ്ണു പ്രത്യേകൊരു അഭിമേകത അപ്പോൾ എന്ന് പറയും രണ്ടാമത്തത് ചിതാത്മാവാകും അപ്പോൾ ഒന്നാമത്തത് അത് വിഷയമാണെന്ന് സ്വീകരിക്കേണ്ടി വരും അതിന് ഹിതം എന്നറിയാൻ കഴിയുമെന്ന് പറയും അപ്പോൾ അത് ചിതാത്മാവല്ലയെന്ന് രണ്ടാമത്തെ ചിതാത്മാവാകും അവിടെയും ഈ പ്രശ്നം വരും അപ്പോൾ മൂന്ന് നാല് അഞ്ച് പിറയിലേക്ക് പോകേണ്ടി വരും അനവസ്ഥാ ഒരു ദോഷം വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചിതാത്മാവിനെ സ്വയംപ്രകാശമായി സ്വീകരിക്കും എന്നാണ് വിഷയസ്ഥ തഥോ അന്യം അപ്പം വിഷയമാകുന്ന ഈ ചിതാത്മാവ് ആ ഒന്നിൽ നിന്ന് അന്യമായിരിക്കും വിഷ്ണു പ്രത്യേക ഗോചനവും അപ്പോൾ ഈ ചിതാത്മാവ് ഏതാണോ അത് പ്രത്യേകം ഇതെന്ന് അറിയാൻ കഴിയുന്നതാണെന്ന് സ്വീകരിക്കേണ്ടി വരും അഭിപേക അങ്ങനെ സ്വീകരിക്കേണ്ടി വരും അപ്പൊ ചിതാത്മാവിന് വിഷയമായി സ്വീകരിക്കേണ്ടി വരും രണ്ട് ദോഷമാണ് ഒന്ന് ചിതാത്മാവിന് വിഷയമായി സ്വീകരിക്കേണ്ടി വരും അറിയുന്നാണെന്ന് പറഞ്ഞത് പിന്നെ രണ്ടാമതത് ചിതാത്മാവ് അല്ലാതായിത്തീരും പിന്നെ അനവസ്ഥ ദോഷം അതിന്റെ പിന്നിൽ മറ്റൊരു ചിതാത്മാവിനെ സ്വീകരിക്കേണ്ടി ഇത് മാത്രമാണ് പ്രധാനമായ ദോഷം വരുന്നത് ജ്ഞാനം അറിവിന് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാന മിഥ്യയായി അതാണ് വലിയ ദോഷം ഇവിടെ ഇപ്പൊ പറയുന്ന അദ്വീതകൾ പറയുന്നത് എന്താണ് പ്രപഞ്ചം മിഥ്യ ദൃശ്യത്വ പ്രപഞ്ചം എന്ന് പറയുന്നത് മിഥ്യയാകുന്നു ദൃശ്യമായിരിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനും എല്ലാം പ്രപഞ്ചം മിഥ്യയാണെന്നാണ് ഇപ്പം ഏതാണോ അറിവിന് വിഷയമാകുന്നത് വിഷയമാകുക എന്നുള്ളത് അത് മിഥ്യയായി അദ്വീത സിദ്ധാന്തം അനുസരിച്ച് എല്ലാവരും ഇത് അംഗീകരിക്കില്ല ദൃശ്യമാണ് അതുകൊണ്ട് മിഥ്യ ആണെന്ന് തർക്കേകന്മാരും മറ്റേ സ്വീകരിക്കും പക്ഷെ അദ്വൈതകൾ പറയും അനുമാനം എന്താണ് പ്രധാനപ്പെട്ട ഒരു അനുമാനം എന്താണ് അനുമാനം പ്രപഞ്ചം മിഥ്യ ദൃശ്യത്വമാണ് അനുമാനം പ്രപഞ്ചം മിഥ്യയാണ് ദൃശ്യമായിരിക്കും അപ്പൊ ഈ പ്രത്യേകാത്മാവ് ജ്ഞാനമാണ് ജ്ഞാനം വിഷയമാണെന്ന് വന്നു കഴിഞ്ഞാൽ അതും ദൃശ്യമായി അപ്പൊ അത് മിഥ്യയായി പിന്നെന്താ എല്ലാം മിഥ്യയായി കഴിഞ്ഞാൽ ആത്മാവ് മിഥ്യയായി അതുകൊണ്ടാണ് ഇത്രയും വാശിപഠിക്കുന്നത് സ്വയം പ്രകാശമാണ് അത് വിഷയമാകുമെന്നു അത് ഇതിൽ വാശിപഠിക്കുന്ന ആ ഒരു ദോഷം കൂടെ പറയുന്നില്ലെങ്കിലും തസ്മാത് അത്മത്വപ്രസംഗാ അനവസ്ഥാപരിഹാരായ വിഷ്ണു പ്രത്യ അഭേതത്വം അഭിഷേത്വം ആത്മനോ വക്തവ്യം തഥാചനാധ്യാസ പൂർവക്ഷത്മത്വപ്രസംഗാ ഈ പ്രത്യേകാത്മാവ് ജ്ഞാനത്തിന് വിഷയം എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏത് ജ്ഞാനത്തിനും വിഷയമാണോ ആ ഞാന് രണ്ടാമത്തെ ജ്ഞാനോ ആത്മാവാകും ഇപ്പൊ ഈ പ്രത്യേകാത്മാവെന്ന് പറയുന്നത് ആത്മാവ് അല്ലാതെയാണ് വിഷയമായിരുന്നു അനാത്മത്വപ്രസംഗമാണ് ആത്മാവ് അനാത്മാവായുമാണ് അതാണ് ദോഷം അനവസ്ഥയും വരും പിന്നെ അതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ ഇങ്ങനെ ജ്ഞാനത്തെ സ്വീകരിക്കുമ്പം അനവസ്ഥയും വരും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെയൊക്കെ ഈ ജ്ഞാനം അതാണ് ആത്മാവ് അത് സ്വയം പ്രകാശമാണ് ഇതിനു വേണ്ടി എന്താണ് എൻ്റെ വേണ്ടിയൊരു യുഷ്മത് പ്രത്യ അഭേതത്വം ഈ ജ്ഞാനത്തിനെ ഇത് എന്നുള്ള അറിവിനു വിഷയമല്ല എന്ന് സ്വീകരിക്കണം ഇത് എന്ന് പറയുന്ന അറിവിനു വിഷയം അല്ല അതാണ് വിഷു പ്രത്യേക അഭേതത്വം അതാണന്ത് അവിഷയത്വം ഇത് എന്ന് പറയുന്ന അറിവിന് അത് വിഷയമല്ല അതാണത് അവിഷയം എന്ന് പറയുന്നത് ആത്മനോഭത്വം നിരാകരിക്കുക നിഷേധിക്കുക നിരസ്തം ഉഷ്മ അപേർ ഉഷ്മയ നിരാശ ആത്മോവക്തവ്യം ആത്മാവിനെന്ത് സ്വീകരിക്കണം അപ്പോ അത് അവിഷയമാണ് വെച്ചാൽ ഈ ആത്മാവെന്ന് പറയുന്നത് എന്തിനാണ് എന്തിനാണ് ആത്മാവെന്ന് പറയുന്നത് അത് ജ്ഞാനത്തിനാണ് വിള ആത്മാവെന്ന് പറയുന്നത് ആ ആത്മാവ് വിഷയമായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ് അത് മിഥ്യയാവും ജഗത്തിനെ പോലെയാവും അത് ആത്മാവ് അല്ലാതായിത്തീരും അനവസ്ഥാ ദോഷം വരും അത് ഹിതം എന്ന് പറയുന്ന വിഷയമാണെന്ന് പറയേണ്ടി വരും ഈ അറിവ് അതാണ് ആത്മാവ് ഇതാണ് അദ്വൈത സിദ്ധാന്തം അതങ്ങനെ അറിവിനെ ആത്മാവാണ് എന്ന് ഉറപ്പിക്കുന്ന എങ്ങനെയാണ് അദ്വൈനി എങ്ങനെ അങ്ങനെ ഉറപ്പിക്കുന്നത് യുക്തിയിലൂടെ തർക്കങ്ങളിലൂടെ അനുമാനത്തിലൂടെ അതായത് അതിനെ ആത്മാവായി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന ഇന്ന ഇന്ന ദോഷങ്ങൾ വരും ആ ദോഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെന്തായി സ്വീകരിക്കണം ആത്മാവായി സ്വീകരിക്കണം അപ്പോൾ അവിടെയാണ് നമ്മൾ ഏത് സിദ്ധാന്തമാണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ അറിവിനെ ഇങ്ങനെ ആത്മാവായി സ്വീകരിച്ചാലില്ല ഇന്ന ഇന്ന ഇന്ന ദോഷങ്ങൾ വരുന്നുള്ളൂ അറിവിനെ വിഷയമായി സ്വീകരിച്ചു വിഷയമായി സ്വീകരിക്കത്തില്ല അതാണ് ആത്മാവ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവര് താർക്കികന്മാരോ സംഖ്യന്മാരോ അവരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ അവരെല്ലാം എന്തുകൊണ്ട് അദ്വൈതി സ്വീകരിക്കും പോലെ സ്വീകരിക്കുന്നില്ല കാരണം ദോഷം അവിടെയും വരണോ അല്ലോ ഉദാഹരണം പറഞ്ഞാൽ താർക്കികന്മാർ അവർ അറിവിനെ ആത്മാവായി സ്വീകരിക്കുന്നു സാഖ്യന്മാർ അറിവിനെ ആത്മാവായി സ്വീകരിക്കുന്നു പക്ഷേ അത് ജഗത്ത് അവർക്ക് മിഥ്യ അദ്വൈതി പറയുന്നത് എന്താണ് അറിവ് ആത്മാവാണ് ജഗത്വ മിത്രയാണ് അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന ഇന്ന എണ്ണി എണ്ണി പറയുന്നത് ഇന്ന ഇന്ന ദോഷങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരാരും ഈ ദോഷത്തെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അത് മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് അദ്വൈതത്തിന്റെ പ്രത്യേകത മറ്റുള്ളവരുടെ പ്രത്യേകതയെന്ന് മനസ്സിലാക്കണം അദ്വൈതി പറയുന്ന ഈ തർക്കങ്ങൾ യുക്തികൾ അതെങ്ങനെയാണ് അദ്വൈതത്തെ സ്ഥാപിക്കുന്നതെന്ന് അങ്ങനെയാണെന്ന് മനസ്സിലാകും അപ്പൊ എന്തുകൊണ്ട് മറ്റുള്ളവരിതൊന്നും ദോഷമായി കാണുന്നുണ്ടീ പറഞ്ഞു പോകുന്നത് അദ്വൈതി ആണ് ദോഷമായി കാണുന്നു എന്തുകൊണ്ടാണ് അദ്വൈതി പറയട്ടെ പറഞ്ഞത് തന്നെയാണ് അങ്ങോട്ട് തന്നെ പറഞ്ഞു വരുന്നത് ശരി എന്നാ കുറച്ചൂടെ തൊണ്ണൂറ് ശതമാനം ശരിയാണ് പത്ത് ശതമാനം കൂടെ ഉള്ളു അതായത് ആ സിദ്ധാന്തവും ഈ പറയുന്ന യുക്തിയുമായിട്ട് ബന്ധപ്പെടുത്തണം അതായത് അദ്വൈതിപ്പോൾ ഒരുപാട് യുക്തികൾ പറയും എന്തിന് ജ്ഞാനം സ്വയം പ്രകാശമാണ് അതാണ് ആത്മാവ് അതാണ് പ്രത്യേകാത്മാവ് അതിനങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു പക്ഷെ ഇതെല്ലാം പറയുന്ന എന്താണ് ആദ്യം ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചുകൊണ്ട് ആ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് ദ്വീതി പറയുന്നത് എന്താണോ ഈ സിദ്ധാന്തത്തിൽ ഇതൊക്കെ സ്വീകരിച്ചില്ലെങ്കിൽ ഈ സിദ്ധാന്തത്തിന് ദോഷം വരും ഈ യുക്തികൾ അംഗീകരിച്ചില്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തിന് ദോഷം വരും അപ്പോ സിദ്ധാന്തത്തിന് നിലനിർത്താൻ വേണ്ടി ആണ് അദ്വൈതി എല്ലാം യുക്തികളെല്ലാം പ്രയോഗിക്കുന്നത് അപ്പോ ഈ യുക്തിയെല്ലാം പ്രയോഗിക്കുന്നു തീരുമാനിച്ചിരിക്കണം സിദ്ധാന്തം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതാണ് പറയുന്നത് ശ്രുതിമതർക്കവും സന്ധിയത് അദ്വൈതിയുടെ തർക്കം മുഴുവൻ എങ്ങനെയാണ് ആദ്യം സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നു ആ സിദ്ധാന്തത്തെ നിലനിർത്തണമെങ്കിൽ ഇത്തരം യുക്തികൾ ആവശ്യമാണോന്ന് മറിച്ച് എങ്ങനെയല്ല എന്നുകൂടെ അറിഞ്ഞിരിക്കുന്നു അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന എന്ത് വഴിയല്ലാറ്റോം അവിടെ ഈ അവസാനം പറഞ്ഞിടത്ത് ഒരു ചെറിയ പാഴ്ച ചെറിയ പാഴ്ച വരുന്ന അതെ ശരി അത് ശെരി മറിച്ച് എങ്ങനെ ചെയ്യുന്നില്ല എന്നാ ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞ കറക്റ്റാ അതായത് സാധാരണ ആൾക്കാര് ധരിക്കുന്നത് പോലെ എന്താണ് യുക്തിയിലൂടെ അനുമാനത്തിലൂടെയൊക്കെ സിദ്ധാന്തത്തെ സ്ഥാപിച്ചെടുക്കുകയല്ല മനസിലാ അതിനനുകൂലമായ യുക്തികളെ കൊണ്ടുവരികയാണ് അല്ലാതെ യുക്തികൾ യുക്തിയിലൂടെ അദ്വൈതം സ്ഥാപിക്കുക ആദ്യം തന്നെ എന്ത് വേണം മേള സിദ്ധാന്തം എന്താണെന്ന് പറയും ഇതാണ് ഈ ദർശനങ്ങളും സയൻസും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഏറ്റവും വലിയ വ്യത്യാസം അതാണ് ഇത് മനസ്സിലാക്കി പുട്ടന്മാരും സ്വാമിമാർക്കൊന്നും ഇതും മനസ്സിലാകത്തില്ല അത് ഇതും പ്രസംഗിക്കുന്നവർക്കും മനസ്സിലാകത്ത അതുകൊണ്ടാണ് ഇത് ഒരുമിക്കാത്ത സയൻസിന്റെ രീതി എന്താണ് ആദ്യം അവർ ഇതുപോലെ തന്നെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും ഈ സിദ്ധാന്തം എന്ന് പറയുന്നതിൻ്റെ ഒരു പൂർവ്വരൂപമാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് കുറെ അഭ്യൂഹങ്ങളും എല്ലാം നിരത്തി അവരൊരു ആശയത്തെ ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് പിന്നെ അവരന്വേഷിക്കുകയാണ് അവരന്വേഷിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന തെളിവുകളിലൂടെ എവിടെ എത്തിച്ചേരുന്നോ അതാണ് തിയറി അങ്ങനെയാണ് അവർ സിദ്ധാന്തമായി സ്വീകരിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടെ ചെയ്യുന്നത് അങ്ങനെയാണ് ആദ്യ സിദ്ധാന്തത്തെ വച്ചിട്ട് യുക്തിയിലൂടെ അവിടെ ചെല്ലുകയല്ല മറിച്ച് ഇവരുടെ ഹൈപ്പോത്തിസുകൾ വെച്ചിട്ട് തിയറിയിലേക്ക് പോവുകയാണ് തിയറിയാണ് സിദ്ധാന്തം ഇവർ ഹൈപ്പോസിസുകൾ വെച്ചിട്ട് ആശയങ്ങൾ വച്ചിട്ട് അവര് യുക്തിയും യുക്തിമുപയോഗിക്കും തെളിവുകളും എല്ലാം ഉപയോഗിച്ച് അവർക്കവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ഹൈപ്പോത്തിസ് അവരുപേക്ഷിക്കും മനസ്സിലാവുക അവർക്കവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിവുകൾ ഏതൊരു സിദ്ധാന്തത്തിലേക്കാണോ നയിക്കുന്നത് അതിനവര് സിദ്ധാന്തമായി ശ്രീ തെളിവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആയിരിക്കും അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ആയിരിക്കും പല രീതിയിലായിരിക്കും അപ്പോ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു മുൻവിധി നിന്നുകൊണ്ടല്ല എന്തുകൊണ്ട് അങ്ങനെ പോകുമ്പോ ഇവരുടെ ഈ ആപ്പോസ് തെറ്റെന്ന് കണ്ടുകഴിഞ്ഞാൽ അവരങ്ങ് വേഷിക്കും മറിച്ച് എന്താണോ തെളിവുകളിലൂടെ എത്തിച്ചേരുന്നത് അവര് തിയറി ആയി സയന്റിഫിക് തിയറി എന്ന് പറയുന്നത് ഇപ്പൊ പ്രപഞ്ചത്തെ കുറിച്ചോ മറ്റുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും സയൻസിന്റെ കാഴ്ചപ്പാടും ഈ ദർശനങ്ങളുടെ കാഴ്ചപ്പാടും വിഭിന്നമായിരിക്കുന്നതിന് കാരണമാണ് എന്താ കാരണം അവരുടെ മെത്തേഡില് വ്യത്യാസം മെത്തഡോളജിയിലെ വ്യത്യാസമുണ്ട് ഇപ്പൊ ഇവര് ആദ്യം തന്നെ എന്താ അവര് പറയുന്നെന്താണ് ഇങ്ങനെ ഇപ്പോ ഇവിടെ തന്നെ നോക്കുക ജ്ഞാനത്തിന് സ്വയം പ്രകാശമായി സ്വീകരിച്ചില്ലെങ്കിൽ ജ്ഞാനം മിഥ്യയായിക്കും എന്താണ് ഇവരുടെ ആപത്ത് അങ്ങനെ സ്വയം പ്രകാശമായി സ്വീകരിച്ച് തീരുല്ലെങ്കിൽ ജ്ഞാനം മിഥ്യയായിക്കും എന്തുകൊണ്ട് ദൃശ്യത്വോ ദൃശ്യമാകുന്നോണ്ട് അഭിഷയമാണെന്ന് അത് മിഥിയായിപ്പോ അപ്പോ അതിനെ വിഷയമായി സ്വീകരിച്ചാൽ മിഥ്യയായിപ്പോ സ്വയം പ്രകാശമായി സ്വീകരിക്കണം എന്നാ പിന്നെ നിങ്ങൾ സ്വയംപ്രകാശമായി സ്വീകരിക്കണ്ട അത് മിഥ്യായിപ്പോൾ എന്താ നഷ്ടം എന്ന് ചോദിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ആ സ്വയം പ്രകാശം എന്ന് പറയുന്നത് ഞങ്ങളുടെ സിദ്ധാന്തമാണ് അതിന് തൊട്ട് പറ്റില്ല ശരി ഇത് നിങ്ങളുടെ സിദ്ധാന്തം എങ്ങനെയായി എങ്ങനെയാണ് നിങ്ങളുടെ സിദ്ധാന്തം എങ്ങനെയാണ് സിദ്ധാന്താവുന്നത് അനുഭവം ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല അത് അനു വെറൊറ്റ മറുപടിയുള്ളൂ എന്താണ് ഈ സിദ്ധാന്തമായിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ആചാര്യം പറഞ്ഞു അതുകൊണ്ട് അതിന് വ്യക്തിയാണ് പ്രമാണം പറഞ്ഞ ആരോ ആണ് ഞങ്ങളുടെ ആചാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇതാണ് സയൻസിലങ്ങനെയല്ല എന്താണോ അവിടെ വ്യക്തിയോ ഒരു വ്യക്തിയുടെ അനുഭവമോ പ്രമാണമുണ്ട് പിന്നെന്താണോ നിങ്ങൾ പറയുന്നതിന് നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ എന്നാ ഞങ്ങൾ അംഗീകരിക്കും അത് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു ന്യൂട്ടൺ പറഞ്ഞു പറഞ്ഞാൽ അംഗീകരിക്കുന്ന കാര്യം തെളിയിക്കേണ്ട ഭാഗ്യം പറയുന്ന ആർക്കുണ്ട് അല്ലെങ്കിൽ അത് എന്താണ് മറ്റാരെങ്കിലും തെളിയിക്കണം അങ്ങനെയും ചെയ്യണം ഇവിടെ അങ്ങനെ അല്ല ഞങ്ങളുടെ ആചാര്യം പറഞ്ഞിരിക്കണത് ആണ് അതിന്റെ പ്രധാന വ്യത്യാസം ഞങ്ങളുടെ ആചാര്യം പറഞ്ഞെന്താണ് അതുകൊണ്ട് അതിനനുസരിച്ച് കുത്തികൾ പ്രയോഗിക്കാവൂ ശങ്കരാചാര്യ എഴുതി വച്ചിട്ടുള്ളതാണ് ഇനി ഇത് ശ്രുതിക്കനുസരിച്ചാണെന്ന് അവർ വെറുതെ ആണെങ്കിൽ പക്ഷെ ശ്രുതിക്കനുസരിച്ചാണോ ആണോ ഏ എന്തുകൊണ്ട് പിന്നെ അവരെന്തിനാ ശ്രുതി എന്ന് പറയുന്നത് ശരിയാണ് ഈ പറയുന്നത് പക്ഷെ പോരാ കുറച്ചുകൂടെ വേണം അതായത് ഇവരിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രുതിയെ വ്യാഖ്യാനം ചെയ്താ പറയുന്നത് മനസ്സിലായ ശ്രുതിയെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കുന്ന ആളിന്റെ സാമർഥ്യമാണ് അപ്പൊ ഇത് ശ്രുതി പറഞ്ഞിരിക്കുന്നു പറഞ്ഞ ആ പറയുന്ന ഒരു കാര്യമില്ല എന്തുകൊണ്ട് കാരണം ഈ ശ്രുതി അദ്വൈതി എടുക്കുന്നതും ഇഷ്ടാദ്വീതി എടുക്കുന്നതും ദ്വീതി എടുക്കുന്നതും ഇവിടെയൊക്കെ വ്യാഖ്യാനങ്ങൾ ഒരുപോലെയാണ് അപ്പൊ ശ്രുതി എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥമുണ്ട് ശ്രുതിയല്ല അവിടെ പ്രധാനം എന്താണ് ഇത് വളരെ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കുന്നു കാര്യമാണ് ശ്രുതികളെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പിന്നെ അന്നൊരു എന്താണ് പഴയ കാലത്തൊരു നിയമം ഉണ്ടായിരുന്നു നിങ്ങളെന്തെങ്കിലും ഒരു സിദ്ധാന്തം പറയുകയാണെങ്കിൽ ശ്രുതിയെ വ്യാഖ്യാനിച്ചേ പറയാവും ശ്രുതിയെ വ്യാഖ്യാനിക്കാതെ പറയാൻ പഠിക്കും അതുകൊണ്ട് അവർ സിദ്ധാന്തത്തിനനുസരിച്ച് ശ്രുതിയെ വ്യാഖ്യാനിച്ചിട്ട് അതിനനുസരിച്ച് ആ വ്യാഖ്യാനത്തിലാണ് യുക്തി വരുന്നത് ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നവരുടെ യുക്തി പ്രയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത് അർദ്ധവിധി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നു ദ്വീതം മനസ്സിലാക്കിയിട്ട് മണ്ഡലാവാൻ പാടില്ല എന്താണ് ഇതിന്റെ പ്രധാനമായ ആശയങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്തുകൊണ്ടത് വർണ്ണു ഇതെല്ലാം മനസിലാക്കണം അപ്പൊ ഇതൊരാചാര്യന്റെ ചിന്തയാണ് അത് ഒരു ആചാര്യന്റെ സിദ്ധാന്തമാണ് അതിനനുകൂലമായി പിന്നീട് വരുന്നവർക്ക് യുക്തികൾ കൂട്ടിച്ചേർത്ത അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തറപ്പിച്ച് പറയുന്നത് എന്താണോ അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ജ്ഞാനം സ്വയം പ്രകാശമാണ് അതുകൊണ്ട് അതിനനുകൂലമായ യുക്തിയിലൂടെ അതിനെ സമർത്ഥിക്കുന്നു എതിരായ വ്യക്തികൾ വന്നാൽ അതിനെ നിഷേധിക്കണം അതും ചെയ്യാം അങ്ങനെ ജ്ഞാനം സ്വയം പ്രകാശമാണെന്ന് സ്ഥാപിക്കണം ആ ജ്ഞാനത്തിന് എന്തായി സ്വീകരിക്കണം ആത്മാവായി സ്വീകരിക്കണം എന്നു വെച്ചാൽ ഈ പറയുന്ന ആത്മാവ് ഈ ജ്ഞാനം ഈ ജ്ഞാനത്തിന് ആത്മാവുമായി സ്വീകരിക്കുന്നോണ്ട് എന്താവണം ശരിയെന്നെയാണ് പോരാ കുറച്ചുകൂടെ തെളിയണം എന്തായാലും ഒരുപാട് ഇപ്പൊ തെളിയുന്നുണ്ട് അതുകൊണ്ട് ഈ ജ്ഞാനത്തിന് ആത്മാവുമായി സ്വീകരിക്കുന്നത് കൊണ്ട് എന്താവണം അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ജ്ഞാനത്തിന് ആത്മാവായി സ്വീകരിക്കും ആത്മാവ് എന്ന് പറയുന്നോണ്ടല്ലോ ഗുണം എന്താണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അത് ശേഷിക്കും അതാണ് ആത്മാവിന്റെ പ്രത്യേകത നമ്മൾ ചെത്തുപോയാലും എന്തു ചെയ്യും ആത്മാവ് ശേഷിക്കണം അതിനെ ശേഷിപ്പിക്കണം നമ്മൾ മരിച്ചാലും അത് മരിക്കാൻ പാടില്ല അതിനുവേണ്ടിട്ടാണ് ഈ ജ്ഞാനത്തിന് ആത്മാവെന്നൂടെ പറയുന്നത് എന്നാലേ അതങ്ങനെ ഇരിക്കുന്നു പുറമീമാംസകരങ്ങനെയല്ല സ്വീകരിച്ചിട്ട് അവര് ആത്മാവിനെ സ്വീകരിക്കുന്നുണ്ടോ വേറെ രീതി ഇതുപോലെ അവർക്ക് ആത്മാവിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലായിരുന്നു അതിനെ കുറിച്ചൊന്നും അവര് വലുതായിട്ടൊന്നും ചിന്തിച്ചില്ല അദ്വുപോലെ ഈ ആത്മാവിന്റെ മേലിങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടില്ല ഇത് ഇത്രയും ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് ആത്മാവിനെ കുറിച്ചാണ് മീമാംസകരൊക്കെ ഒന്നും ഈ ആത്മാവ് തലവേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ട് അത്രയുണ്ട് പ്രഭാകരൻ പറഞ്ഞില്ലേ അതൊരു ദ്രവ്യമാണ് ഇത്രയും മതിയാവും മറ്റു ചേർത്ത് പറയുക അത് മിന്നാമിനുപോലെയാണ് അത് ദ്രവ്യവുമാണ് ചൈതന്യവുമാണ് സുഷുപ്തിയിലത് ദ്രവ്യവുമായിട്ടിരിക്കും ജാഗ്രതയിലത് മിന്നാമിനുങ്ങ് പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയും പറഞ്ഞവരുണ്ട് മീമാംസം അപ്പൊ എന്ന് വെച്ചാൽ അവരാധനെ കുറിച്ചൊന്നും കൂടുതൽ വ്യവലാതിപ്പെട്ടില്ല പക്ഷെ ആത്മാവുണ്ടെന്ന് അവർക്ക് അംഗീകരിച്ചേ പറ്റും കർഗീയം പറഞ്ഞത് എന്താകാശം പോലെ വിഭുവായ ഒരു ദ്രവ്യമാണ് ഇങ്ങനെ ആണെങ്കിൻ്റെ പോക്ക് അതുകൂടെ മനസിലാക്കണം ജ്ഞാനത്തിന് ആത്മാവ് എന്താ ഗുണം ഉണ്ടായത് മരിച്ചു കഴിഞ്ഞാലും ആത്മാവ് ആത്മാവിന് മോക്ഷം കിട്ടും മരിക്കയില്ലാന്ന് അമൂർത്തമേറെ മരിക്കില്ല അമൂർത്താൻ രൂപം ഇല്ലെന്ന് മരിച്ചു കഴിഞ്ഞാൽ ചെയ്യും ഈ ആത്മാവ് മുക്തമായി നിൽക്കും ആത്മാവ് നശിക്കുന്നു മനുഷ്യൻ മരിച്ചാലും ആത്മാവ് മരിക്കും അതുകൊണ്ട് ജ്ഞാനം ആത്മാവായി കഴിഞ്ഞാൽ ഞാനാ ആത്മാവായില്ലെങ്കിലോ നമ്മുടെ അനുഭവത്തിൽ തന്നെയുണ്ട് ഞാനും ഉണ്ടായി നശിക്കുന്നു സുഷ്ടോ അവിടെ ഞാനും സുഷ്ടവിടെയുണ്ട് വിഷയമാവുന്നില്ല ന്നെയാണ് ആത്മാവ് വിഷയമല്ലല്ലോ അതിന് ഒരുപാട് വിവാദമുള്ള കാര്യങ്ങൾ പുജന്മ പുനർജന്മ സിദ്ധാന്തം ഉണ്ടാക്കിയത് മീമാംസയാണ് പിന്നീടത് അദ്വൈദികളും ഏറ്റെടുത്തു സംഘന്മാരെ ഏറ്റെടുത്തു താർക്കികന്മാരെ ഏറ്റെടുത്ത് യോഗികളെ ഏറ്റെടുത്തു അവരെല്ലാവരും ഏറ്റെടുത്തു എന്തിനാ ബൌദ്ധന്മാർ പോലും ഏറ്റെടുത്തു പുനർജന്മ എല്ലാവർക്കും മരിക്കും തത്വം ഞാനി മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പിന്നെ ജനിക്കുന്നില്ല ഞാനാ ആത്മാവ് അങ്ങനെ തന്നെ എനിക്ക് മോക്ഷം തത്തുഞ്ഞു അല്ലാത്തവരും വീണ്ടും ജനു ഏതാ ജനിച്ചേ പറ്റും ഈ ചെത്തവര് പൂച്ചയായിരുന്നു ഈശ്വരന്റെ വിധാസങ്ങളിൽ അതിനാണ് വിശ്വാസം ീ പറയുന്ന മൊത്തം കാര്യങ്ങളും എന്താണോ വിശ്വാസം ഈ പറയുന്ന എന്താണ് വിശ്വാസം നിങ്ങളൊരു സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണോ നിങ്ങളത് വിശ്വസിക്കുന്നു നൂറ് ശതമാനം അതിന്റെ വിശ്വാസമാണ് പിന്നെ വിശ്വാസമാണെങ്കിൽ നമ്മള് ഇതെന്തിനാ ചർച്ച ചെയ്യുന്നത് ഏ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഈ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കാം ഈ വിശ്വാസം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നത് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ അറിവാണ് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അത് വിശ്വാസമാണ് ഇതാണ് വ്യത്യാസം ആശ്വാസം എല്ലാം വിശ്വാസം വിശ്വാസമല്ല ഒന്നുമില്ല എല്ലാ മതങ്ങളും വിശ്വാസം എല്ലാ ദർശനങ്ങളും വിശ്വാസം പിന്നെ ഇവിടെ സത്യമാണോ അസത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ആപേക്ഷിക്കാണ് അദ്വൈതി പറയും ഞങ്ങള് പറയുന്നത് എല്ലാം സത്യമാണ് ജ്യേഷ്ഠാദ്വൈതി എന്തുപറയും ഞങ്ങൾ പറയുന്നതാണ് സത്യം ദ്വൈതി എന്തുപറയും ഞങ്ങൾ പറയുന്നതാണ് സത്യം സാങ്ക്യന എന്തുപറയും ഞങ്ങൾ പറയുന്നതാണ് സത്യം കാർക്കീന എന്തുപറയും ഞങ്ങൾ പറയുന്നതാണ് സത്യം സത്യം എന്ന് പറയുന്നത് കാഴ്ചപ്പാടാണ് അല്ല ഇവർക്ക് എല്ലാവർക്കും ഒരു സത്യം മതാദ്വീപിനെ ഒരു അന്തർനാഷ ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്ഥലത്ത് മതാദ്വീപ് ഇന്തനാഷൽ ഫൗണ്ടേഷൻ എന്ത്യുന്നു തസ്മാ അനാത്മത്വ പ്രസംഗ അനവസ്ഥാ പരിഹാര യുഷ്മ പ്രത്യ അഭേതത്വം അതേവശയത്വം മാത്രം എന്തുപറയണം ആത്മാവ് വിഷയമല്ല തഥാ ന അഭ്യാസ ആത്മാവ് വിഷയമല്ലെങ്കിൽ അഭ്യാസം സംഭവിക്കില്ല ഇതാണ് പൂർവക്ഷം ആദ്യം ഒരു അധ്യാസത്തിന് പൂർവോഷം പറഞ്ഞു ഇപ്പം വീണ്ടും ഒരു പൂർവക്ഷം ഇനി ഇതിന് മറുപടി പറയുന്നിടത്താണ് അദ്വൈതത്തിന്റെ പ്രധാനമായ സിദ്ധാന്തങ്ങൾ ഇടയ്ക്കും വന്നിട്ടുണ്ടെങ്കിൽ ഭാഷ്യത്തിൽ പറയുന്നു പറയാം നാവത് അയം ഏകാന്തേന അംശയം ഈ ആത്മാവ് ന ഏകാന്തേന അംശയ പൂർണമായും സിദ്ധാന്തി പറയും എന്ന് ആത്മാവ് കുറച്ചൊക്കെ വിഷയവുമാണ് മനസ്സിലായ ആത്മാവ് പൂർണമായും അഭിഷയമല്ല എന്ന് പറഞ്ഞാൽ ആത്മാവ് കുറച്ചൊക്കെ വിഷയവും ആണ് അസ്മത് പ്രത്യേകം വിഷയിക്കുക അഹം എന്നുള്ള ബോധത്തിന് വിഷയമായിരിക്കുന്നത് കൊണ്ട് അസ്മത് പ്രത്യം അഹം എന്ന ബോധം അതിന് വിഷയമായിരിക്കുന്നതെന്ന് ആത്മാവ് അപ്പൊ ഇത് അഭിഷയമെന്ന് പറയാൻ പറ്റില്ല ഇതാണ് സിദ്ധാന്തി പറയും ഇതാണ് അദ്വൈതി പറയും അതിന്റെയൊക്കെ വ്യത്യാസം ഇനി ചർച്ച ചെയ്യും പ്രകാരം പറഞ്ഞെന്നല്ല പറയുന്നു പ്രകാരം പറഞ്ഞവരെ ഇവിടെ പറയുന്നവരെ ഇവിടെയൊക്കെ സമ്മതിക്കുന്നു കാരണം എന്തുകൊണ്ട് പ്രപഞ്ചം മിഥ്യന്ന് പറയുന്നവരും ആത്മാവിഷയമായാലേ പറ്റും എന്തുകൊണ്ട് അധിഷ്ഠാനം ഞാനുണ്ടെങ്കിൽ ആരോപണം ഞാനുണ്ടാവും അതിനി എങ്ങനെയാണെന്നുള്ള അധികം ഭംഗിയായിട്ട് സമർപ്പിക്കും അടുത്തൊരു <sm> വിഷയം <obligation> <sm> ah